അള്ളാഹുസുബാനഹൂവ ചായാല അവരെയെല്ലാം ഒരുമിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവരെ അറിയിക്കുകയും ചെയ്യുന്ന ദിവസം അള്ളാഹു സുബഹാനഹൂവ ചായാലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവർ അത് മറന്നുപോയി എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സുബഹാനഹൂവ ചായാല സാക്ഷിയാകുന്നു